േദാന്തന വിഷയ ചിതന സ്വയം പ്രവാസിഭ്യോ ബുദ്ധ്യോ ഭേദഗ്രഹ്യ അങ്ങനെ വരുന്നു എന്നുള്ളതാണ് ജീവഭാവം എന്ന് വെച്ചാൽ ജീവത്വം ജീവഭാവത്തിലാണ് സംസാരം വരുന്നത് എന്നുവെച്ചാൽ ഞാൻ ജനിക്കുന്നവനാണ് ജനിച്ചവനാണ് ജീവിക്കുന്നവനാണ് മരിക്കുന്നവനാണ് ശരീരാഭിമാനം വരുന്നു ഇന്ദ്രിയങ്ങളിലും മറ്റും അഭിമാനം അഹം മമ എന്നുള്ള ബോധം ഇതൊക്കെ ജീവഭാവം ഇതിലെണ്ണ ചേർത്താണ് ജീവഭാവം ജീവഭാവം എങ്ങനെ സംഭവിക്കും ജീവഭാവത്തിന്റെ പ്രത്യേകമായ ഇടയാളാണ് ഈ ബോധം അറിവ് ജീവഭാവം ഉള്ളടത്ത് അറിവുണ്ട് എന്ന അറിവിനെ കുറിച്ച് എന്താ പറഞ്ഞത് അത് സ്വയം പ്രകാശമായ സ്വയം പ്രകാശിച്ചതിനാണ് ബ്രഹ്മം നിർവികാരമാണ് പരമാർത്ഥ സത്യമാണ് അതിലെങ്ങനെ ജീവഭാവം വരും ജീവഭാവം നേരെ വിപരീതമാണ് ജീവനിൽ വികാരങ്ങൾ കാണുന്നു മാനസികമായും വികാരം ശാരീരികമായും വികാരം സുഹൃക്കാതെ അനുഭവങ്ങൾ നിർഗുണമായ അപരോക്ഷമായിരിക്കുന്ന സ്വയം പ്രകാശമായ ചൈതന്യത്തിൽ ഈ ജീവഭാവം എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം അതിനാണ് അന്വീതി പരമാർത്ഥമായി സ്വീകരിക്കുന്നത് നിർഗുണ ചൈതന്യത്തിൽ അവിടെ എങ്ങനെ ജീവഭാവം വരും അതാണ് ചോദ്യം നന്മ ഭസ്മഭാഗം അധ്യാസമുള്ളത് എന്നർ ഏത് പറഞ്ഞ ബുദ്ധി അവിഥ്യ കൊണ്ട് കല്പിക്കുന്നതായ ബുദ്ധി അതൊക്കെ മിഥ്യയാണ് ബുദ്ധിയിൽ ബ്രഹ്മത്തിനുള്ള ഭേദം അതൊക്കെ മിഥ്യയാണ് ഇപ്പോ താതാത്മ്യാസം സംഭവിക്കുന്നു അതുകൊണ്ട് ചിതാത്മന സ്വയം പ്രകാശിതാത്മാവ് സ്വയം പ്രകാശമാണ് അതിനറിയാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല അതറിവാണ് അനവഛിന്നസ്യ അതിനൊരുതരത്തിലുള്ള പരിമിതികളും അനവച്ഛിന്നമാണ്ാകാശം അവനെ ഉപാധികളെ കൊണ്ട് പരിമിതമാകുന്നതല്ല ആത്മാർത്ഥം അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ ഓരോ തരത്തിലുള്ള പരിമിതികളും ഇല്ലെങ്കിലും അവഛിഹ്നെഭ്യോ ബുദ്ധിയാദിഭ്യോ അവിഛിന്നങ്ങളായിരിക്കുന്ന പരിമിതങ്ങളായിരിക്കുന്ന ബുദ്ധിയാദികളിൽ നിന്നും ഭേദാഗ്രഹ ഭേദത്തെ ഗ്രഹിക്കാൻ പറ്റുന്നു അതായത് ഈ ചിതാത്മാവ് സ്വയം പ്രകാശമാണ് അത് വിഭുവാണ് നിത്യമാണ് ഒരു തരത്തിലുള്ള പരിമിതികളും അതിനില്ലെങ്കിലും ബുദ്ധിയാദികളിൽ നിന്നുള്ള അതിന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നു ബുദ്ധി ശരീര ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം ഭേദം അതിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വിദ്യാധികളിൽ നിന്നുള്ള ഭേദത്തെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തത് അധ്യാസേന അതുമായിട്ട് വിദ്യാസ്യത്തെ താതൃ ബുദ്ധിവാദികളോട് താതാമ്യം വന്നിട്ട് ജീവഭാവില്ല ജീവത്വം ഒന്ന് നിരവഛിന്നമായിരിക്കുന്ന ചൈതന്യം ഒന്നുപാതി ഇല്ലാത്ത ചൈതന്യം മറ്റൊന്ന് പരിമിതങ്ങളായിരിക്കുന്ന ബുദ്ധിവാദി ഇത് രണ്ടും തമ്മിലുള്ള ഭേദം മനോരചനീയമായത് സത്യമൊന്നും അസത്യം ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ആ ഭേദത്തെ ആ ചിതാത്മാവിന് ഗ്രഹിക്കാൻ ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അഭേദബുദ്ധിയുണ്ടാകും അഭേദബുദ്ധിയുണ്ടാകുന്നതാണ് അധ്യാസം അവിടെയാണ് ആ ചിതാത്മാവ് അസ്മത് പ്രത്യ വിഷയമാകുന്നു ഞാനെന്നുള്ള ബോധത്തിന് ചിതാത്മാവ് അത് വിഷയമായി കഴിയുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് ജീവഭാവം ജീവത്വം സംസാരം എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടാണ് ഈ താതാത്മ്യം കൊണ്ടാണ് അവദ്യാകാര്യമായിരിക്കുന്ന ജടങ്ങളും ചിത്തം തമ്മിലുള്ള താതാത്മ്യം ചിജട താതാത്മ്യം അത് ഏകീകൃതമായി തീരും ഒന്നായിത്തീരും ഒരു ബോധത്തിനത് വിഷയമാണ് അസ്മത് പ്രത്യയത്തിനൊരു വിഷയമാണ് ഞാൻ സുഖി ഞാൻ ദുഃഖി എന്നെല്ലാം അനുഭവം ഉണ്ടാകുന്നതാണ് അതാണ് ജീവഭാവുന്നത് ജീവിതത്വം എന്ന് പറഞ്ഞാൽ അത്യാസം കൊണ്ട് സംഭവിക്കുന്നതെന്ന് ചുരുക്കം അധ്യാസം എന്ന് പറഞ്ഞാൽ ചിത്തൻ ചെടും നമ്മുടെ താതാത്മ പറയുന്നത് അനിതമിതമാത്യക വിഷയത്വം ഉപപത്യതേ തസ്യെന്ന ചിതാത്മാവ് ചിത്തന് ചിത്തിന്റെ പ്രത്യേകത എന്താണത് അനിതമിതമാത്മാവാണ് അത് അനിതവും ഹിതവുമാണ് അതിന്റെ സ്വരൂപം അനിതമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അച്ചിത് സ്വരൂപം അതിനെ നമ്മൾ ഇതം എന്നറിയുന്നതാണ് അതിനാണ് നമ്മൾ അസ്മത് പ്രത്യ വിഷയം അഹോ എന്നറിയുന്നത് അഹോന്നറിയുന്ന എന്തായാലും ഇതം എന്നറിയാൻ പറ്റിയില്ല അഹോ എന്ന് ഞാനെയാണ് അറിയുന്നത് ആ അസ്മത് പ്രത്യ ചൈതന്യത്തെ പറയുന്നത് ആ ചൈതന്യത്തെ നമുക്ക് ഇതോന്നറിയാൻ പറ്റിയില്ല അതുകൊണ്ടത് അനിതമാണ് എന്നാൽ അഹമെന്നറിയുമ്പോൾ കേവലം ചൈതന്യത്തെയാണോ അറിയുന്നതല്ല ബുദ്ധിയെ അറിയുന്നുണ്ട് മനസ്സിനെ അറിയുന്നുണ്ട് കർണങ്ങളെയൊക്കെ അറിയുന്നുണ്ട് അഹം അപ്പോ ചിതാത്മാവിനെ കൂടാതെ ബുദ്ധിയും മനസ്സിനെയും മറ്റും അറിയുന്നുണ്ട് ഇതം എന്നൊരു സ്വരൂപമുണ്ട് ഏത് ചിതാത്മാവെന്ന് ചിതാത്മാവിന് രണ്ട് രൂപമുണ്ട് ഒന്ന് അനിതം രൂപം മറ്റൊന്ന് ചിതം രൂപം അനിതം രൂപം എന്ന് പറയുന്നത് എന്താണ് അസ്മത് പ്രത്യേക വിഷയം അഹമെന്നറിയുന്നതാണ് അഹമെന്ന് വെച്ചാൽ ഇല്ല ചിതാത്മാവെന്ന് പറയുന്നത് അത് ഹിതമെന്നോ അഹമെന്നോ അറിയാൻ പറ്റിയത് പക്ഷെ എന്ത് ചെയ്യുന്നു അതിനെ അനിതമായിട്ടും ഹിതമായിട്ടും അറിയുന്നു രണ്ടായിട്ടും അറിയാൻ പറ്റുന്നുണ്ട് അതാണ് അങ്ങനെ പറഞ്ഞത് അനിതമിതമാത്മാ അനിതവും മിതവുമായിട്ടിരിക്കുന്നു ഒരേ സ്ത്രീ അനിതമായിരിക്കുന്നു പറയുമ്പോൾ അഹമെന്നറിയുന്നു അനിതം ഇതല്ലാതെ അറിയും പിന്നെ ഇതമായിട്ടറിയുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിയിലും മറ്റും സുഹതുക്കാദികളെയും മറ്റും അറിയുമ്പോൾ അന്ധകരണത്തെ അറിയുമ്പോൾ ഇതോന്ന് പറയുന്നത് അന്ധകരണ അംശമാണ് ഇതോ എന്ന് പറയും അനിതോന്ന് പറയും മഹം ഈ രണ്ടു രൂപത്തിലും ഇരിക്കുന്നു ഈ രണ്ടു രൂപത്തിലും അത് വിഷയമാകും അതാണ് അനിതമിതമാത്മനഹ അനിതമായും മിതമായും ഇരിക്കുന്ന ചിതാത്മാവ് അസ്മത് പ്രത്യ വിഷയത്തും അധ്യാസങ്ങൾ ഉണ്ടാകുന്ന സംഭവിക്കും അസ്മത് വിഷയമാകും മഹം എന്ന് പറയുന്ന ബോധത്തിന് അത് വിഷയമാകും അപ്പൊ നിരാകാരമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന വിഭുവായിരിക്കുന്ന ആ ചിതാത്മാവ് തന്നെ അധ്യാസ സംഭവിച്ചിട്ട് അനുതമിത രൂപത്തിലിരിക്കുന്നു ഞാൻ ഇത് ഇന്നിങ്ങനെ അതിന് ബോധമുണ്ടാകുന്നു ഇത് അധ്യാസത്തിന്റെ ഫലമായി സംഭവിക്കുന്ന കാര്യമാണ് വിശദീകരിക്കും ഭക്ത ചിതാത്മാ അഹം പ്രത്യയ പ്രത്യയോ ഭാസ്വത അതുകൊണ്ട് എന്ത് വരുന്നു ഈ ചിതാത്മാവ് വാസ്തവത്തിൽ കർത്താവും ഭോക്താവും ഒന്നും അല്ലെങ്കിലും കർത്താവായും ഭോക്താവായുമെല്ലാം അഹം പ്രത്യയത്തിൽ അതനോക്കുന്നു അഹം കർത്താവ് അഹംഭോക്താവ് അതങ്ങനെയൊന്നുമല്ല അത് കേവലം ചിത്താണ് ആ ചിത്താണ് ആത്മാവ് പക്ഷെ എന്ത് ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നൊക്കെ തന്നെ അറിയുന്നു അങ്ങനെ അനുഭവപ്പെടുന്നു എൻ്റെ ഉദാസീനസ്യ സദസ്യ ക്രിയാശക്തിർ ഭോഗ്യശക്തിർ വാ സംഭവതി അത് ഉദാസീനമാണ് അസന്ധമാണ് ആത്മാവ് അവനൊന്നിനോട് ബന്ധമില്ല ഉദാസനമായിരിക്കും ഉദാസീനമായിരിക്കും നിർവികാരമായിരിക്കുന്നു ഭോഗശക്തിർവാ സംഭവം ക്രിയാശക്തി ഇല്ല ഭോഗശക്തി നിരാകാരമായിരിക്കുന്നതിൽ അങ്ങനെ ഒരു ശക്തി വരും ആത്മാവിനങ്ങനെ ഒരു ശക്തി ഇല്ല വിശ്സിച്ച ബുദ്ധിയാദേഹ കാര്യകരണ സംഘാതസ് ക്രിയാ ഭോഗശക്തി ഇന്ന തസ് ചെയ്ത് ഇനി എന്തെങ്കിലും ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിയിലും മറ്റും വരാം ബുദ്ധികളിലും കർണങ്ങളിലും ഒക്കെ ഓരോന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ശക്തിയുണ്ട് അപ്പോ കാര്യകരണ സംഘാതം ശരീരം കാര്യം കരണം ഇന്ദ്രിയാദികൾ ഇതെല്ലാം കൂടി ചേർന്ന് സംഘാതത്തിൽ പല ശക്തികളും നിർഗുണമായ ചിതാത്മാവിന്റെ ഒരു ശക്തി ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ നിർഗുണം ബുദ്ധ്യാദികൾ കൊണ്ട് പല ശക്തികളും ഉണ്ട് പക്ഷെ അതിൽ ചൈതന്യം ഇല്ല സ്വന്തമായിട്ടില്ല ചൈതന്യം വ്യത്യാസം കൊണ്ട് വരുന്നതാണ് ചൈതന്യം എന്ന് വെച്ചാൽ ബോധം പൂർണമായും വേർപിരികയാണ് ബുദ്ധി ശരീരം ഇന്ദ്രിയങ്ങളിതെല്ലാം തികച്ചും ജഡമാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ബോധം അത് ചിതാത്മാവാണ് ചിതാത്മാവിൽ ക്രിയാശക്തിയും ബോധശക്തിയൊന്നും ക്രിയാശക്തിയും ഭോധശക്തിയൊന്നും അവിടെയുണ്ട് എന്നാൽ ഈ കാര്യകരണ സംഘാതത്തിൽ ചൈതന്യവുമില്ല അറിവുമില്ല പക്ഷെ അധ്യാസം കൊണ്ടിതെല്ലാം സംഭവിക്കുന്നു ചിതാത്മാവിൽ പ്രിയശക്തിയും ഭോഗശക്തിയും ഉണ്ടെന്ന് കരുതുന്നു ഭ്രമിക്കുന്നു കാര്യകരണ സംഘാതം ഈ ശരീരത്തിൽ ചൈതന്യമുണ്ടെന്ന് ഭ്രമിക്കുന്നു അതാണ് ഈ പറയുന്നത് കാര്യകരണ സംഘാതസ് അത് കാര്യകരണ സംഘാതമാണ് ശരീരം ഉൾപ്പെടെയുള്ളത്യാശക്തി ഭോഗശക്തി ക്രിയാശക്തി ഭോഗശക്തി ഉള്ളത് ഏതിനാണ് ഞാൻ അവിടെ എന്താ ചേർക്കേണ്ടത് യസ് ബുദ്ധിയാദേഹെ കാര്യകരണ സംഘാതസ് ക്രിയാ ഭോഗശക്തി അത്രയും അവിടെയാണ് ക്രിയാശക്തി മോഹിക്കുകയുള്ളത് ഇന്നത്തെ അസ്യ ചൈതന്യം പക്ഷെ ആ സംഘാതത്തിൽ ചൈതന്യമില്ല ജഡമാണ് ഇത് അദ്വൈതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ചൈതന്യം എന്ന് പറയുന്നത് കേവലം ബ്രഹ്മത്തിന് മാത്രം ബ്രഹ്മമാണ് ബ്രഹ്മത്തിന്റെ ചൈതന്യമല്ല ബ്രഹ്മം തന്നെ ചൈതന്യമാണ് ബാക്കിയെല്ലാം അവിദ്യകൊണ്ട് കൽപ്പിതമായാണ് അതെല്ലാം ജഡവും പിന്നെ ഈ അത്യാസം വന്നു കഴിഞ്ഞാൽ ശരീര ഇന്ദ്രാദികളെല്ലാം ചിന്മയമാവും ശരിക്കും അത് ചിത്താകുന്നതോ ജഡമാകുന്നോ അല്ല ചിത്തിൻ ജഡവും വേറെ വേറെയാണ് പക്ഷെ അത്യാസം കൊണ്ടെന്ത് ചെയ്യും ഇതെല്ലാം ഈ ജഡം ചിന്മയമാവും അതേപോലെ ഇരുമ്പ് ചൂടാക്കിക്കഴിഞ്ഞാൽ ഇരുമ്പിൽ ചൂട് തരുന്നു അയോ ഗോളകം അയോ രണ്ടിനും ചിതാത്മാവിനെ ചൈതന്യ രൂപമായിട്ടെടുക്കുകയും ബാക്കിയുള്ള എല്ലാത്തിനും ജഡമായിട്ടെടുക്കുകയും രണ്ടും കൂടെ കൂടിച്ചേരുകയും അങ്ങനെ ആ കൂടിച്ചേരുന്നതിന് ചിന്മയമായി എടുക്കുകയും ചെയ്യും ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രക്രിയ അപ്പം ശരീരവും ബുദ്ധിയും ഇല്ലാത്ത അങ്ങനെ വരുന്നത് അധ്യാസം അതാണ് അധ്യാസം താതാത്മ്യം പറയും ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് അതിനോട് ഉദാഹരണം പറഞ്ഞു എന്താണ് ഉദാഹരണം പറഞ്ഞു അയോ അയോഗോളം എന്താ അഗ്നിമയമാണ് യോകളം എന്ന് പറയുന്നത് അഗ്നിമയമാണ് അയോഗോളത്തിൽ എന്തൊക്കെയുണ്ട് വരുമ്പം അതുപോലെ തന്നെ ഈ ശരീരം തസ്മാ ചിതാത്മീവ കാര്യകരണ സംഘാധീന ഗരിധക്രിയാ ഭശക്തി സ്വയം പ്രകാശോ കഥഞ്ചിത്ത വിഷയോ അഹങ്കാരാസ് ജന്തു ക്ഷേത്രജ്ഞാസം കൊണ്ട് എന്താ സംഭവിക്കുന്നവിടെ തീർത്തും പറയും തസ്മാതുകൊണ്ട് ചിതാത്മാവ ഈ ചിതാത്മാവ് തന്നെ നിർവീകാരമായിരിക്കുന്ന ചിതാത്മാവ് തന്നെ കാര്യകരണ സംഘാതീന ഗ്രഥിത ഗ്രഥിതോന്നൊരു സാധനം ഒരുക്കുക എന്നുള്ള അർത്ഥം മറ്റും ഇവിടെ കാര്യകരണ സംഘാതവും ചിതാത്മാവുമായി കൊരക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് താതാമ്യപ്പെടുന്നു ചിത്തഞ്ചടവുമായി താതാമ്യപ്പെടുന്നു ഇതിനാണ് ചിലടത്ത് പറയുന്നത് ചിജട ഗ്രന്ഥി ഗ്രന്ഥി എന്ന് വെച്ചാൽ എന്താണ് ലിങ്കരി പറയുന്നില്ല കൂട്ടിക്കെട്ടുകൊരുക്കുക ഇപ്പൊ ചിത്തിൻ ജടവുമായിട്ട് താതാമ്യപ്പെടുന്നു അപ്പൊ ഈ ചിത്തഞ്ചടവും താതാന്നിപ്പെടണമെങ്കിൽ എന്ത് വേണം എന്തുവേണം ജഡത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല ഇതൊക്കെ ജഡമാണ് പക്ഷെ ചിത്തും ജടമായിട്ട് താതാന്ന് പഠനമെങ്കിൽ എന്ത് വേണം ഈ ജഡത്തിൽ നിന്നെല്ലാം സ്വതന്ത്രമായി ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു ചിത്ത് ഉണ്ടായിരിക്കും നിർഗുണമായ ഒരു ചിത്ത് അപ്പൊ അദ്വൈതി ബ്രഹ്മത്തെ അങ്ങനെയാ സ്ഥാപിക്കുന്നത് നിർഗുണമായ ഒരു ചിത്ത് വേറെയുണ്ട് അത് ഘടകുമായിട്ട് എന്ത് ചെയ്തു പ്രാധാന്യപ്പെട്ടു അധ്യാസം അപ്പോ അത്യാസം എന്ന് പറയുന്നത് ആ രീതി വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ് പക്ഷെ അതിനകത്ത് പ്രശ്നങ്ങളും വരും എന്താ പ്രശ്നം വരുന്നത് എന്താണ് പ്രശ്നം വരുന്നത് അതായത് ചിത്തം എന്ന് പറയുന്ന ഒന്നിനെ ഈ പ്രപഞ്ചത്തിന് അതീതമായി സ്വതന്ത്രമായി സ്വയം പ്രകാശമായി അപരോക്ഷമായി ഒന്നിനെ ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കുന്ന ഒന്നും നിത്യമായി നാശമില്ലാതെ അനാദി അനന്തമായി നിർവികാരമായി സ്ഥിതി ചെയ്യുന്ന ഒന്നും അങ്ങനെ ഒന്നിനെ അംഗീകരിക്കും ഇതിനെയാണ് എന്ത് പറയുന്നത് ജ്ഞാനമേഗം ഹി നിരുപാധികം ജ്ഞാനത്തെ അംഗീകരിക്കും ഇപ്പൊ നിരുപാധിക ജ്ഞാനത്തെ അംഗീകരിക്കുന്നത് എങ്ങനെ അംഗീകരിക്കും തിരുവാധികമായി ഒരു ഞാനുണ്ട് അതെങ്ങനെ അംഗീകരിക്കും എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ട് എന്നുള്ളതിനെ വിശ്വസിക്കുന്നു എന്താ കാര്യം ചെയ്യുന്നില്ല കാരണം നമ്മളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ കുറിച്ച് തർക്കമില്ല എന്തുകൊണ്ട് അതെല്ലാവർക്കും ഉള്ള അറിവാണ് ഈ അറുപന്നൂറിൽ നിന്ന് എന്തു ചെയ്യുന്നു കൂടിയാറുകൊണ്ട് കുറഞ്ഞ അറിവുണ്ട് ഉണ്ടാകുന്ന അറിവ് നശിക്കുന്ന അറിവ് മാറുന്ന അറിവ് ഈ ഒരു അറിവിനെ സംബന്ധിച്ച് ആർക്കും അത്ര വ്യത്യാസമില്ല എന്താ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നു നശിക്കുന്നു ഓരോ വ്യക്തികളിലും അറിവ് വ്യത്യസ്തമാണ് ഓരോ പ്രാണികളിലും അറിവ് വ്യത്യസ്തമാണ് അറിവിന് പല രൂപങ്ങളുണ്ട് ചിലപ്പോൾ അസ്മൃതിയായിരിക്കും ചിലപ്പോൾ സ്മൃതി ആയിരിക്കും ചിലപ്പോൾ പ്രത്യക്ഷമായിരിക്കും ഇതെല്ലാം അംഗീകരിക്കാം പക്ഷെ ഇവിടെയാണ് ഭൗതികവും ആത്മീയവും ഒരിക്കലും ഒന്നാകാൻ വയ്യാത്ത ഇവിടെ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഏ നിരുപാധികമായ ഒരു അറിവിനെ സ്വീകരിക്കണം നിരുപാധികം എന്ന് പറയുമ്പോൾ അത് നമുക്ക് അറിയാനും പറ്റത്തില്ല നിരുപാധികമായി അറിയാൻ പറ്റിയിട്ട നമ്മൾ അറിയുന്ന അറിവിനെ എങ്ങനെയാണ് അറിയുന്നത് അസ്മത്പ്രത്യ വിഷയം അഹം എന്നുള്ള ബോധം അതൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഇങ്ങനെ ഉപാധിയില്ലാത്ത ഒരറിവ് അസ്മത്പ്രത്യ വിഷയമല്ല അഹമെന്നുള്ള ആ പ്രതീതിക്ക് വിഷയമല്ല അല്ലെങ്കിൽ എന്റെ അറിവ് എന്റെ അറിവ് എന്നുള്ള അനുഭവത്തിന് വിഷയമല്ല ഞാനാകുന്ന അറിവും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത് അതീന്ദ്രിയമായ അറിവിനെ സ്വീകരിക്കും അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ആ അതീന്ദ്രിയമായ അറിവിനെ ഒരു ഭാഗത്ത് നിർത്തണം നിർത്തിയിട്ട് ദേഹം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി ഇതിനെയൊക്കെ നിർത്തണം എന്നിട്ട് ഇത് രണ്ടും നമ്മളൊരു താതാത്മ്യം സംഭവിക്കുന്നു അതും വാസ്തവ താതാത്മ്യമല്ല ഒരു താതാത്മ്യം പോലെ ും വ്യത്യസ്ത സ്വഭാവം ഉള്ളതാണ് ഇപ്പൊ രണ്ടും തമ്മിൽ ശെരിക്കാൻ പറ്റില്ല പിന്നെ താതാത്മ്യം പോലെ ഒന്ന് സംഭവിക്കുന്നു താതാത്മ്യം പോലെ സംഭവിക്കുന്നു അതിനാണ് എന്ത് പറയുന്നത് മായ മായ എന്ന് പറയുന്നത് ഒന്നിനെ ഇതിന്റെ ഇടയ്ക്ക് സ്വീകരിക്കുന്നു എന്നാലും ഈ അധ്യാസം വരും മായ അല്ലെങ്കിൽ അവിദ്യം അങ്ങനെ സ്വീകരിക്കും അതുകൊണ്ടാണ് ഈ അധ്യാസം സംഭവിക്കുന്നത് അപ്പോ മായ എന്ന് പറയുന്നത് എന്താണ് ഒരു പദാർത്ഥം അങ്ങനെ സ്വീകരിക്കുന്നത് ആ പദാർത്ഥത്തെ സ്വീകരിച്ചാൽ എന്തോ ഒരു അതുകൊണ്ട് ഈ ശരീര ഇന്ദ്രിയാദികളെ കല്പിക്കട്ടെ അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തോര ചൈതന്യവും കാരണം ചിതാത്മാവ് ചൈതന്യത്തിന് താതാന്മയപ്പെടാൻ ഒരു വസ്തു വേണ്ടേ ശരീര ഇന്ദ്രിയാദികളൊക്കെ വേണ്ടേ ശരീരേന്ദ്രിയാദികളൊക്കെ ചിതാത്മാവിന് താതാന്മ്യപ്പെടുന്നതിന് ഒരു ശരീര ഇന്ദ്രിയൊക്കെ വേണമെങ്കിൽ അതെവിടുന്നവരും എവിടുന്നുവരും അവിദ്യ കൊണ്ട് കൽപ്പിക്കണം വിദ്യൊണ്ട് അവിദ്യ കൊണ്ട് കല്പിച്ചാലേ വിഷയങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ വിഷയം എന്ന് പറയുമ്പോ ശരീരാദി വിഷയങ്ങൾ ആ വിദ്യ കൊണ്ട് കല്പിക്കും അപ്പോൾ വിഷയങ്ങൾ വരുന്നു അങ്ങനെ വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുന്നു അത്യാസങ്ങള് കാരണം ശരീരാദികളുമായിട്ട് താതാത്മ്യം ചിതാത്മാവിനും അവിടെ എന്തു വേണം ആദ്യം ഈ ശരീരാദികളെ കല്പിക്കും ഇത് അങ്ങനെ അങ്ങനെ അങ്ങനെ പിന്നിലേക്ക് പോകും തോറിയത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് അത് ഒഴിവാക്കാനുള്ള വിദ്യകളും അത്ഭുവിദ്യ അറിയാം ഇവിടെയാണ് അത് വിധത്തിലെ എന്താണ് കേട്ടില്ല ഓ എന്താണ് കോമ്പ്ലിക്കേറ്റ് ശേഷങ്ങളെന്താണ് അഭ്യാസത്തെ സ്വീകരിക്കുന്ന നിരുപാധികമായ ഒരു തത്വത്തെ സ്വീകരിക്കും ചിത്തിന് നമ്മളെ അറിയുന്ന ചിത്തല്ല നമ്മളറിയാത്ത ഒരു ചിത്ത് നമ്മളറിയുന്ന ചിത്ത് നിരുപാധികം അല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടത് നിരുപാധിക എന്താ ഉണ്ടായി അഹം എന്നൊക്കെ പറയുന്നു ഉപാധിയോട് കൂടിയതാണ് അപ്പൊ ഇതിന് ഒരു നിരുപാധിക ചെയ്തതിനൂടെ അംഗീകരിക്കുക അതിനീകരിച്ചോണ്ടാണ് ഈ പറയുന്നത് ചിതാത്മീവ ആ ചൈതന്യം തന്നെ കാര്യകരണ സംഘാതേന ഗർഭിത കാര്യകരണ സംഘാതമായിട്ടതിന് അധ്യാസം വന്നിട്ട് ലബ്ധക്രിയാ ഭോഗശക്തി ആ ചിതാത്മാവ് തന്നെ ക്രിയാശക്തിയും ഭോഗശക്തിയും ഉള്ളതായിത്തീരും സ്വയംപ്രകാശോ ആ ചിതാത്മാവ് സ്വയം പ്രകാശമാണെങ്കിലും ബുദ്ധ്യാദിവിഷയവിഛൃണ ുദ്ധാദി വിഷയങ്ങളുമായിട്ടുള്ള പിച്ചുരണം കൊണ്ട് താതാത്മ്യം കൊണ്ട് പിച്ചുരണം എന്ന് വെച്ചാൽ താതാത്മ്യം എന്നുവെച്ചാൽ അധ്യാസം ബുദ്ധി ആദി വിഷയങ്ങളുമായിട്ടുള്ള അധ്യാസം കൊണ്ട് കഥഞ്ചിത് എങ്ങനെയോ അത് പറയാൻ പറ്റില്ല അസ്മത്പ്രത്യ വിഷയോ അസ്മത് പ്രത്യയത്തിന് വിഷയമാകുന്നു എന്ത് ആ ഇതെങ്ങനെയാകുന്നു അത് പറയാൻ പറ്റില്ല കഥഞ്ചിത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് മായ എന്ന് പറയുന്നത് എങ്ങനെ ഈ ചിതാത്മാവ് അഹം പ്രത്യേകത്തിന് വിഷയമായി പറയുന്നു കഥഞ്ചിത്ത് എങ്ങനെയോ അസ്മത് വിഷയം അഹങ്കാരാസ്പദം അത് തന്നെ വിഷയമായി തീരും ഏത് ജീവ ചിതാത്മാവനെന്ന് പറയുന്നു ജീവൻ എന്ന് പറയുന്നു ജന്തുരിച്ച ജന്തു എന്ന് പറയുന്നു ക്ഷേത്രജ്ഞരിച്ച ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു ആഖ്യായതെന്നെല്ലാം പറയുന്നു ജീവൻ ജന്തു ക്ഷേത്രജ്ഞനാവട്ടൊക്കെ എന്തുവരുന്നു ആ നിർഗുണനായിരിക്കുന്ന പ്രപഞ്ചാതീതനായിരിക്കുന്ന നിരാകാരനായിരിക്കുന്ന നിത്യനായിരിക്കുന്ന ആ ചിതാത്മാവ് തന്നെ ജീവനായ ജന്തുച്ച ജനിക്കുന്നവൻ ജനിക്കുന്നവനൊക്കെ ആയിത്തീരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ ജനിക്കുന്നു മരിക്കുന്നു ക്ഷേത്രജ്ഞം ക്ഷേത്രത്തെ അറിയുന്നവൻ ഈ ശരീരത്തെ അറിയുന്നവൻ എന്നുവെച്ചാൽ ജീവൻ ക്ഷേത്രം എന്നുവെച്ചാൽ ശരീരം ക്ഷേത്രജ്ഞൻ ശരീരത്തെ അറിയുന്നു ജീവൻ ഇങ്ങനെ സംഭവിച്ചു അപ്പൊ ഈ നമ്മുടെ ജീവഭാവം ഞാനെന്നുള്ള ഈ ഭാവത്തിന് അദ്വൈതിയുടെ വ്യാഖ്യാനമാണ് ഇവിടെയോ ഇരിക്കുന്ന ചിതാത്മാവ് അതീന്ദ്രിയായിരിക്കുന്ന ചിതാത്മാവ് ഇതെല്ലാമായിട്ട് അതിന് താതാത്മ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ഷേത്രജ്ഞനായി ജീവനായി ജന്തുവായി കത്താൻ ഇരിക്കുന്നു